പരമാത്മനെ നമഹ യഥാർത്ഥ ഗീത ശ്രീമദ് ഭഗവത്ഗീത ഉപസംഹാരം വ്യാഖ്യാനങ്ങളിലൂടെ ആളുകൾ പുതിയ ആശയങ്ങൾ അന്വേഷിക്കുന്നു എന്നാൽ സത്യം ഒന്നല്ലേയുള്ളൂ അത് പഴയതോ പുതിയതോ ആകുന്നില്ല പുതിയ പുതിയ വാർത്തകൾ പത്രങ്ങളിൽ കാണാം അത് കൂടിയും കുറച്ചും എഴുതുന്നതും ഉണ്ട് എന്നാൽ സത്യം മാറ്റത്തിന് വിധേയമാവുന്നില്ല രണ്ടാമതൊരു രൂപവും അതിനില്ല സത്യദ്രഷ്ടാക്കളായ മഹാപുരുഷന്മാർ ഒരു സ്വരത്തിലെ സംസാരിക്കൂ സത്യത്തിന്റെ സ്വരത്തിൽ അത് സമൂഹ ണ്ടാക്കുകയില്ല ശ്രീകൃഷ്ണൻ ആ ഏകസത്യം തന്നെയാണ് അവതരിപ്പിക്കുന്നത് പൗരാണികരായ മഹാത്മാക്കൾ അവതരിപ്പിച്ച അതേ സത്യം തന്നെയാണ് ഭാവിയിലെ മഹാത്മാക്കളും ആവർത്തിച്ച് പറയുവാൻ പോകുന്നത് മഹാപുരുഷന്മാരും അവരുടെ പ്രവർത്തനങ്ങളും മഹാപുരുഷന്മാർ ലോകത്തിൽ സത്യത്തിന്റെ പേരിൽ പ്രചരിച്ചിരിക്കുന്ന സത്യമാണെന്ന് തോന്നിക്കുന്ന ദുരാചാരങ്ങൾക്ക് ശമനമുണ്ടാക്കി നന്മയ്ക്കുള്ള മാർഗം തെളിയിക്കുന്നു നന്മയുടെ ഈ വഴി പണ്ടേ ഉള്ളതാണ് എന്നാൽ അതിന് സമാന്തരമായി അതുപോലെ തോന്നിക്കുന്ന പല തെറ്റായ വഴികളും പിന്നീടുണ്ടായി അവയിൽ നിന്ന് നേരായ വഴി ഏതെന്ന് കണ്ടുപിടിക്കാൻ വിഷമമുണ്ടാകുന്നു എന്നാൽ മഹാപുരുഷന്മാർ സത്യസ്ഥിതി അറിയുന്നു ആ സത്യത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ശ്രീരാമൻ മഹാവീരൻ ബുദ്ധൻ യേശുക്രിസ്തു മുഹമ്മദ് നബി എന്നീ മഹാത്മാക്കൾ ഈ പ്രവർത്തനമാണ് നടത്തിയത് കബീറും ഗുനാനാക്കും ആശ്രമം തുടർന്നു ആദ്യമാദ്യം അവരുടെ ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ ആളുകൾ ജീവിതത്തിൽ പകർത്താനൊരുങ്ങിയെങ്കിലും പിൽക്കാലത്ത് ഉപദേശങ്ങളെ വിഗണിച്ച് ജന്മസ്ഥലത്തെയും സമാധിസ്ഥലത്തെയും പൂജിക്കാനും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനും തുടങ്ങി യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ അന്നത്തെ സമുദായത്തിൽ സത്യത്തിന്റെ പേരിൽ പ്രചരിച്ചിരിക്കുന്ന ദുരാചാരങ്ങളെ ഖണ്ഠിക്കുകയും സമൂഹത്തെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു രണ്ടിൽ പതിനാറാം ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന അസത്തായ വസ്തുവിന് അസ്തിത്വം ഇല്ല സത്യന് മൂന്ന് കാലങ്ങളിലും ും ഇല്ല തത്വദർശികൾ മുമ്പിനാലെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണിത് പതിമൂന്നാം അധ്യായത്തിൽ ക്ഷേത്രക്ഷേത്രജ്ഞന്മാരെപ്പറ്റി വർണ്ണിക്കുന്ന അവസരത്തിലും ഋഷിഭിർ ബഹുധാഗീതം ശ്ലോകം നാല് എന്നദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒടുവിലത്തെ അധ്യായത്തിൽ ത്യാഗത്തിൻ്റെയും സന്യാസത്തിന്റെയും തത്വം വിവരിച്ചപ്പോൾ നാല് മതങ്ങൾ അഥവാ അഭിപ്രായങ്ങൾ പ്രചാരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് യജ്ഞദാന തപസ്സുകൾ ത്യജിക്കരുതെന്ന നാലാമത്തെ അഭിപ്രായത്തെ ശ്രീകൃഷ്ണൻ അംഗീകരിച്ചു സന്യാസം ശ്രീകൃഷ്ണന്റെ കാലത്തു അഗ്നിവഹനം ചെയ്യുകയോ ം ശീലിക്കുകയോ ചെയ്യാത്ത ഒരു കൂട്ടം ആളുകൾ തങ്ങളും യോഗികളും സന്യാസിമാരുമാണെന്ന് അവകാശപ്പെട്ടിരുന്നു ഇക്കൂട്ടരുടെ അഭിപ്രായങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ജ്ഞാനമാർഗത്തിലായാലും ഭക്തിമാർഗത്തിലായാലും കർമ്മം അനുപേക്ഷണീയമാണെന്ന് ശ്രീകൃഷ്ണൻ അസന്നിഗ്ധമായി അഭിപ്രായപ്പെട്ടു കർമ്മം ൾ സൂക്ഷ്മമായിത്തീരണം ഒടുവിൽ എല്ലാ സങ്കല്പങ്ങളും ഇല്ലാതാകണം ഇതാണ് പൂർണ്ണ സന്യാസം അത് ഒരിടത്താവളമല്ല അന്ത്യമായ പരിപക്വാസ്ഥയാണ് ക്രിയകൾ ത്യജിക്കുന്നതുകൊണ്ടോ അഗ്നിവഹനം നടത്താത്തതുകൊണ്ടോ ഒരാൾ സന്യാസിയോ യോഗിയോ ആകുന്നില്ല ഉപേക്ഷിച്ചതുമൂലം സന്യാസിയാവുകയില്ലെന്ന് രണ്ടും മൂന്നും അഞ്ചും ആറും പതിനെട്ടും അധ്യായങ്ങളിലൂടെ യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കർമ്മം കർമ്മത്തിന്റെ കാര്യത്തിലും ഈ ഭ്രമം സംഭവിച്ചു പോയിട്ടുണ്ട് രണ്ടിൽ മുപ്പത്തൊമ്പതാം ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന ഇതുവരെ സാംഖ്യയോഗത്തെ ആധാരമാക്കിയിട്ടുള്ള ബുദ്ധിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത് ഇനി നിഷ്കാമകർമ്മയോഗത്തെ ആധാരമാക്കിയുള്ള ബുദ്ധിയുടെ പ്രവർത്തനത്തെപ്പറ്റി കേൾക്കുക ഇതിലൂടെ കർമ്മബന്ധനത്തെ ഛേദിക്കാം ഇതിന്റെ ലഘുവായ ആചരണം മതി ജനമരണരൂപമായ ഭയത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാൻ അവിവേകികളുടെ ബുദ്ധി അനേകം ശാഖകളോടുകൂടിയതാണ് അവർ കർമ്മത്തിൻ്റെ പേരിൽ പല ക്രിയകൾ അഥവാ വിക്രിയകൾ ചെയ്തുകൂട്ടുന്നു ശാസ്ത്രോക്തമായ നിയതവിധികൾ അനുസരിച്ചുള്ള കർമ്മം ചെയ്താലേ പരമപദം പ്രാപിക്കാനാവൂ ജന്മജന്മാന്തരങ്ങളിലൂടെ നീളുന്ന ശരീരയാത്രയ്ക്ക് അന്ത്യം കുറിക്കുന്നത് കർമ്മമാണ് ഒറ്റ ജന്മം കൊണ്ട് യാത്ര അവസാനിക്കണമെന്നില്ല യജ്ഞം എന്താണ് നിയതകർമ്മം യജ്ഞാർത്ഥമുള്ള കർമ്മമാണത് അങ്ങനെയല്ലാത്ത കർമ്മം ബന്ധനത്തിനേ ഇടയാകൂ നാലാമധ്യായത്തിൽ ശ്രീകൃഷ്ണൻ യജ്ഞപ്രക്രിയയെപ്പറ്റി വിവരിക്കുന്നുണ്ട് പ്രാണായാമം ധ്യാനം ചിന്തനം ഇന്ദ്രിയ നിഗ്രഹം എന്നിവ അതിൻ്റെ ഭാഗങ്ങളാണ് ഭൌതിക പദാർത്ഥങ്ങളുമായി ഈ യജ്ഞത്തിന് ബന്ധമില്ല മനസ്സിലും ഇന്ദ്രിയങ്ങളിലും നടക്കുന്ന ഒരു ആന്തരിക പ്രക്രിയയാണിത് ഈ പ്രവർത്തനം പൂർണ്ണമാകുമ്പോൾ അനുഭവേദ്യമാകുന്ന അമൃത തത്വമാണ് ജ്ഞാനം ആ ജ്ഞാനാമൃതപാനത്തിലൂടെ സനാദന ബ്രഹ്മത്തിലേക്ക് കടക്കാം പിന്നെ ചെയ്യാൻ ഒന്നും അവശേഷിക്കുന്നില്ല അപ്പോൾ കർമ്മബന്ധത്തിൽ നിന്ന് വിടുതൽ നേടാം നിർദ്ധാരിത കർമ്മവിധികളെ കാര്യരൂപത്തിലാക്കുന്നതാണ് കർമ്മം ശുദ്ധമായ അർത്ഥത്തിൽ ഈശ്വര ആരാധന തന്നെയാണത് നിയതകർമ്മത്തിന് അഥവാ യജ്ഞാർത്ഥ കർമ്മത്തിന് ഇതല്ലാതെ വേറെ മറ്റൊരു കർമ്മവും ഗീതയിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല ആറാം അധ്യായത്തിൽ കാര്യം കർമ്മസമാചാരു പറയുന്നുണ്ട് കർത്തവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നാണതിനർത്ഥം പതിനാറാം അധ്യായത്തിൽ കാമക്രോധലോഭങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ കർത്തവ്യകർമ്മങ്ങൾ ആരംഭിക്കുള്ളൂ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് വേദോപനിഷത്തുകളുടെ സാരസർവസ്വമാണ് ഗീത പതിനേഴും പതിനെട്ടും അധ്യായങ്ങളിൽ നിർദ്ധാരിതമായ കർമ്മം നിയതകർമ്മം കർത്തവ്യകർമ്മം പുണ്യകർമ്മം എന്ന പല പേരുകളിലും ശാസ്ത്രവിഹിതമായ കർമ്മത്തെ വ്യവഹരിക്കപ്പെടുന്നുണ്ട് മംഗളദായകമായ കർമ്മം ഇത് ശ്രീകൃഷ്ണന്റെ ഉപദേശത്തെ ധിക്കരിച്ചുകൊണ്ട് ലോകജീവിതത്തിൽ ദൈനംദിനം ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും ചിലർ കർമ്മമെന്ന് കരുതുന്നു കർമ്മം ത്യജിച്ചാലേ യോഗിയാവൂ എന്ന വിശ്വാസവും സ്വീകാര്യമല്ല കർമ്മം ഒരു ഘട്ടത്തിലും ത്യജിക്കാൻ പാടില്ല കർമ്മഫലപ്രാപ്തിയിലുള്ള കാമനയാണ് ത്യജിക്കപ്പെടേണ്ടത് ചെയ്യേണ്ടതു തന്നെയാണെന്നുള്ള മനോഭാവത്തോടുകൂടി ചെയ്യൂ അത് കർത്തവ്യയോഗമാകും ഏത് പ്രവൃത്തിയും ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ അത് സമർപ്പണയോഗമാവും യജ്ഞത്തെ ഹുശാഖമാക്കി തീർത്തവരുണ്ട് ഭൂതയജ്ഞം പിതൃയജ്ഞം പഞ്ചയജ്ഞം വിഷ്ണുവിനുവേണ്ടി ചെയ്യുന്ന യജ്ഞം ഇങ്ങനെ എത്രയെത്ര യജ്ഞങ്ങൾ ഇതിനെല്ലാം എത്രയെത്ര ക്രിയാകലാപങ്ങൾ യജ്ഞത്തെപ്പറ്റി ശ്രീകൃഷ്ണൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ആ നിലയ്ക്ക് ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായുള്ള യജ്ഞങ്ങളുടെ പുറകെ പോകുന്നത് ശരിയാണോ ശ്രീകൃഷ്ണവാക്യങ്ങൾ ചിലർ അവരുടെ അഭിപ്രായത്തിനനുസരണമായി വളച്ചൊടിക്കുന്നു തെറ്റായി വ്യാഖ്യാനിക്കുന്നു ഗീത വളരെ ലളിതമായ സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് അന്വയാർത്ഥം അറിഞ്ഞു വായിച്ചുപോയാൽ മതി എല്ലാം മനസ്സിലാവും സംശയമുണ്ടാവുകയില്ല ഉള്ള അർത്ഥം ഉള്ളതുപോലെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ഈ വ്യാഖ്യാതാവ് ശ്രമിച്ചിട്ടുള്ളത് യുദ്ധം യജ്ഞം കർമ്മം എന്നീ രണ്ട് പ്രശ്നത്തെപ്പറ്റിയും ശരിക്കും മനസ്സിലായാൽ യുദ്ധം വർണ്ണവ്യവസ്ഥ വർണ്ണസങ്കരം ജ്ഞാനയോഗം കർമ്മയോഗം എന്നിങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളെപ്പറ്റി മാത്രമല്ല ഗീതയെ ആകെത്തന്നെയും ഭംഗിയായി സംക്ഷേപമായി മനസ്സിലാക്കാൻ സാധിക്കും അർജുനൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല അമ്പും വില്ലും താഴെയിട്ട് രഥത്തിന്റെ പുറകിൽ ഇരുപ്പുറപ്പിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത് എന്നാൽ ശ്രീകൃഷ്ണൻ കർമ്മത്തിന്റെ മഹത്വത്തിൽ വെളിച്ചം വീശുക മാത്രമല്ല കർമ്മത്തിലേക്ക് അർജുനനെ കൈപിടിച്ചു കൊണ്ടുവരിക കൂടി ചെയ്തു യുദ്ധം ഉണ്ടായിട്ടുണ്ടാവാം അതിൽ സംശയിക്കുന്നില്ല ഗീതയിൽ പല ശ്ലോകങ്ങളിലും യുദ്ധം ചെയ്യാൻ അർജുനനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഒരു ശ്ലോകത്തിൽ പോലും വെട്ടുക കൊല്ലുക തുടങ്ങിയ ബാഹ്യയുദ്ധവ്യവഹാരങ്ങളെപ്പറ്റി പരാമർശമില്ല ദൃഷ്ടാന്തത്തിന് അധ്യായം രണ്ട് മൂന്ന് പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് എന്നിവകളിൽ കാണാം യുദ്ധം ചെയ്യുക എന്ന ഉപദേശത്തിന് നിയതകർമ്മം അനുഷ്ഠിക്കുക എന്ന് മാത്രമാണ് ഇവിടെ അർത്ഥം ഏകാന്തമായ ദേശത്തിരുന്ന് മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് ധ്യാനം ചെയ്യുകയാണ് നിയതകർമ്മം കർമ്മത്തിന്റെ സ്വരൂപം ഇതാണെങ്കിൽ ഏകാന്തധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നയാൾ എങ്ങനെ യുദ്ധം ചെയ്യും ഗീതോക്തമായ പുണ്യലാഭം യുദ്ധം ചെയ്യുന്നവർക്ക് മാത്രമാണെങ്കിൽ മറ്റുള്ളവർ ഗീത പഠിക്കേണ്ട കാര്യമില്ലല്ലോ അർജുനൻ അഭിമുഖീകരിച്ചതുപോലെയുള്ള യുദ്ധരംഗമൊന്നും നിങ്ങളുടെ മുമ്പിൽ ഒട്ടുമില്ലതാണ് ഉള്ളിലുള്ള വികാരസംഘട്ടനമാണ് യുദ്ധം ഹൃദയത്തെ ആക്രമിക്കുന്ന കാമക്രോധാദിശത്രുക്കളെ ധ്യാനം കൊണ്ടും പ്രാണായാമന സംയമനാദികൾ കൊണ്ടും തോൽപ്പിച്ചോടിക്കുന്നതിനുള്ള യുദ്ധമാണ് നിങ്ങൾ നടത്തേണ്ടത് ബാഹ്യമായ യുദ്ധം കൊണ്ട് ശാന്തി നേടാനാവില്ല ആത്മാവ് പരമപദം പ്രാപിക്കുമ്പോഴേ യഥാർത്ഥ ശാന്തി ലഭിക്കൂ പിന്നെ അശാന്തിയുടെ കണിക പോലും ഉണ്ടാവുകയില്ല പരമപഥലാഭത്തിലൂടെ ശാശ്വതമായ ശാന്തി വേണമെങ്കിൽ നിയതകർമ്മമനുസരിച്ചുള്ള സാധനകൾ അനുഷ്ഠിക്കുക തന്നെ വേണം വർണം കർമ്മത്തെ നാലായി വിഭജിച്ചിട്ടുണ്ട് സാധനയുടെ ആദ്യത്തെപ്പടിയിൽ നിൽക്കുന്ന അൽപജ്ഞനാണ് ശൂദ്രൻ പരിചര്യ സേവയിലൂടെ അയാൾ കർമ്മം തുടങ്ങുകയും തുടരുകയും വേണം ക്രമേണ വൈശ്യൻ ക്ഷത്രിയൻ ബ്രാഹ്മണൻ എന്നിവരുടെ ശ്രേണിയിലേക്ക് അയാൾ ഉയർന്നു ചെല്ലണം ബ്രഹ്മത്തിൽ പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണനും അല്ലാതാകും ആളുകൾ ഓരോ വർണ്ണത്തിൽ ഉൾപ്പെടുന്നത് ശ്രീകൃഷ്ണൻ ഒരിടത്ത് പറഞ്ഞു അർജുന ശ്രദ്ധാമയനാണ് പുരുഷൻ ശ്രദ്ധയ്ക്കനുസരിച്ച് പ്രവൃത്തിയും പ്രവൃത്തിക്കനുസരിച്ച് വർണ്ണവും ഉണ്ടാകുന്നു കർമ്മം ചെയ്യാനുള്ള കഴിവിൻ്റെ അളവ് വർണ്ണം എന്നാൽ ആളുകൾ നിയതകർമ്മങ്ങളെ അവഗണിച്ച് ജന്മനാലുള്ള ജാതിയാണ് വർണ്ണമെന്ന് കരുതി ഓരോ കൂട്ടർക്കും ോ പാരമ്പര്യത്തൊഴിൽ നൽകി എന്നാൽ ഇത് സാമൂഹിക വ്യവസ്ഥ മാത്രമാണ് കർമ്മത്തിന്റെ യഥാർത്ഥ രൂപത്തെ ഇവർ മാറ്റിമറിച്ചു കാലാന്തരത്തിൽ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി കണക്കാക്കാൻ തുടങ്ങി നാല് വർണ്ണങ്ങൾ താൻ തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിന് വെളിയിൽ ഇത്തരം സൃഷ്ടി നടത്താത്തതെന്ത് ഇന്ത്യയിൽ മാത്രമാണല്ലോ ജാതി അനുസരിച്ചുള്ള തരംതിരിവുകൾ അപ്പോൾ ശ്രീകൃഷ്ണൻ മനുഷ്യരെ മനഃപൂർവ്വം നാലായി തരംതിരിക്കുകയാണോ ചെയ്തത് അല്ല ഗുണങ്ങൾ അനുസരിച്ച് കർമ്മത്തെ വിഭജിച്ചു അത്രമാത്രം ഗുണകർമ്മ വിഭാഗശഹ എന്നതിന് ഇതാണർത്ഥം മറ്റൊരിടത്ത് കർമാണി പ്രവിഭക്താനി എന്നും പറഞ്ഞിട്ടുണ്ട് കർമ്മത്തെ മനസ്സിലാക്കിയാൽ വർണ്ണത്തെപ്പറ്റിയും മനസ്സിലാവും വർണ്ണത്തെ മനസ്സിലാക്കിയാൽ വർണ്ണസങ്കരത്തെപ്പറ്റിയും മനസ്സിലാവും വർണ്ണസങ്കരം കർമ്മപഥത്തിൽ നിന്നും തെറ്റിമാറിപ്പോകുന്നതിനാണ് വർണ്ണസങ്കരമെന്നു പറയുന്നത് ആത്മാവിൻ്റെ ശുദ്ധവർണമാണ് പരമാത്മാവ് പരമാത്മാവിൽ പ്രവേശിക്കാൻ അർഹത നേടിത്തരുന്ന കർമ്മത്തിൽ നിന്ന് വ്യതിചരിച്ച് പ്രകൃതി ഗുണങ്ങൾക്കടിമയായി പോകുന്നതാണ് വർണ്ണസങ്കരം കർമ്മം ചെയ്യാതെ ആർക്കും തന്റെ സ്വരൂപത്തിൽ കടക്കാനാവില്ലെന്ന് ശ്രീകൃഷ്ണൻ നേരത്തേ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വരൂപത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമാനുഷ്ഠാനം ആവശ്യമില്ല അനുഷ്ഠിക്കുന്നതുകൊണ്ട് ദോഷവുമില്ല മറ്റുള്ളവർക്ക് മാതൃക കാട്ടാനും ലോകാനുഗ്രഹത്തിനും വേണ്ടി മഹാത്മാക്കൾ കർമ്മം ചെയ്യുന്നു ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ പിൻതലമുറക്കാരെ അത് വർണ്ണസങ്കരത്തിലേക്ക് നയിച്ചുവെന്ന് വരാം സ്ത്രീകൾ ദുഷിച്ചാൽ വർണ്ണസങ്കരമുണ്ടാകുമെന്ന് അർജുനൻ ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ ശ്രീകൃഷ്ണൻ പറയുന്നത് മഹാപുരുഷന്മാർ കർമ്മം ചെയ്യാതിരുന്നാലാണ് വർണ്ണസങ്കരമുണ്ടാകുന്നത് എന്നാണ് താഴത്തെ തട്ടിലുള്ളവർ മഹാപുരുഷന്മാരെ അനുകരിച്ച് കർമ്മം ചെയ്യാതിരുന്നാൽ ത്രിഗുണാത്മക പ്രകൃതിയുടെ സ്വാധീനത്തിൽ പെട്ടുപോകും കർമ്മത്തിലൂടെ നിഷ്കാമകർമ്മത്തിലേക്ക് കടന്ന് സാധനപരിപക്വമാവുമ്പോൾ എല്ലാവർക്കും ശുദ്ധവർണ്ണമായ പരമാത്മപദം ലഭിക്കും ജ്ഞാനയോഗവും കർമ്മയോഗവും കർമ്മം ഒന്നേയുള്ളൂ നിയതകർമ്മം അഥവാ യഥാവിധി അനുഷ്ഠാനം എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നതിന് രണ്ട് കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാം തന്റെ കഴിവിനെപ്പറ്റി നല്ല ബോധത്തോടുകൂടി ലാഭനഷ്ടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുന്നതിന് ജ്ഞാനയോഗം എന്ന് പറയുന്നു ഈ മാർഗത്തിലെത്തിയ സാധകന് താൻ ഇപ്പോൾ ഏത് സ്ഥിതിയിലാണെന്നും കുറേ കാലത്തെ സാധനയ്ക്ക് ശേഷം പക്വതയിലെത്താമെന്നും അപ്പോൾ തന്റെ സ്വരൂപത്തെ പ്രാപിക്കാം എന്നെല്ലാം ശരിക്കറിവുണ്ടായിരിക്കും അടുത്തതായി നിഷ്കാമകർമ്മയോഗത്തെ നിർവചിക്കുന്നു സമർപ്പണ നേട്ടവും കോട്ടവും നിർണയിക്കുന്ന ചുമതല പരമാത്മാവിനെ ഏൽപ്പിച്ച് നിഷ്കാമമായി കർമ്മം ചെയ്യുന്നതാണ് നിഷ്കാമകർമ്മയോഗം അഥവാ ഭക്തിയോഗം ഈ രണ്ട് കാഴ്ചപ്പാടിൻ്റെയും പ്രേരകശക്തി സദ്ഗുരു തന്നെ ആദ്യത്തേതിൽ തന്റെ കഴിവിനെയും ലാഭനഷ്ടങ്ങളെയും സ്വയം മനസ്സിലാക്കി കർമ്മം ചെയ്യുന്നു രണ്ടാമത്തേതിൽ എല്ലാം പരമാത്മാവിൽ സർവാത്മനാ സമർപ്പിച്ച് ഫലം ആശിക്കാതെ കർമ്മം ചെയ്യുന്നു ഇത്രമാത്രമാണ് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അർജുന സാംഖ്യായോഗത്തിലൂടെ നേടുന്ന പരമസത്യം നിഷ്കാമകർമ്മയോഗത്തിലൂടെയും നേടാം രണ്ടിനെയും സമാനമായി കാണുന്നവനാണ് ശരിയായ ദ്രഷ്ടാവ് രണ്ടിൻ്റെയും ക്രിയകൾ ഒരു തത്ത്വദർശി തന്നെയാണ് ഉപദേശിക്കുന്നത് ക്രിയകൾ അഥവാ അനുഷ്ഠാനങ്ങളും ഒന്നുതന്നെ കാമനകൾ രണ്ട് രീതിയിലും ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് പരിണാമം അഥവാ സദ്ഗതിയും ഒന്നുതന്നെ കർമ്മം ചെയ്യുമ്പോഴുള്ള കാഴ്ചപ്പാട് മാത്രമാണ് ഭിന്നം ഏകനായ പരമാത്മാവ് നിയതകർമ്മം എന്നത് മനസിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഉള്ളിൽ നടക്കുന്ന ആനന്ദമായ ക്രിയകളിൽ പരമാത്മാവിലേക്ക് നയിക്കാൻ നിശ്ചയിക്കപ്പെട്ട പ്രവർത്തനമാണ് ഇതാണ് കർമ്മത്തിൻ്റെ സ്വരൂപം എങ്കിൽ ദേവതകളെ വിഗ്രഹങ്ങളിലൂടെ പൂജിക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാനാവും ഭാരതത്തിൽ ഹിന്ദുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജനസമൂഹം വിവിധ കാമനകളാൽ വിവശരായി മനോവിഭ്രാന്തിയിൽ മുഴുകിക്കഴിയുകയാണ് ഹിന്ദുക്കളുടെ അഥവാ സനാതനധർമ്മികളുടെ പൂർവീകന്മാർ പരമസത്യത്തെ കണ്ടറിഞ്ഞ് ലോകം മുഴുവൻ വ്യാപിപ്പിച്ചവരാണ് ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുണ്ട് അവരെല്ലാം സനാതനധർമ്മികളാണ് ശ്രീകൃഷ്ണൻ ദേവത എന്നൊരു ശക്തി ലോകത്തെവിടെയുമില്ല ദേവതയെ ഉപാസിക്കുന്നവരുടെ പൂജ സ്വീകരിക്കുന്നതും അവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതും ഞാൻ തന്നെയാണ് എന്തെന്നാൽ ഞാൻ എവിടെയും വ്യാപിച്ചിരിക്കുന്നു എന്നാൽ അവരുടെ പൂജകൾ ശാസ്ത്രസമ്മതിയില്ലാത്തവയാണ് ആ പൂജകൾക്ക് കിട്ടുന്ന ഫലവും അസ്ഥിരമത്രേ കാമനകളാൽ ജ്ഞാനത്തിന് വൈകല്യം ബാധിച്ച മൂഢബുദ്ധികളാണ് ദേവതകളെ പൂജിക്കുന്നത് ദേവതാപൂജ നടത്തുന്ന സാത്വിക പ്രകൃതികളും യക്ഷരാക്ഷസാദികളെ പൂജിക്കുന്ന രാജസപ്രകൃതികളും ഭൂതപ്രേതങ്ങളെ പൂജിക്കുന്ന താമസ പ്രകൃതികളും ശാസ്ത്രവിധിക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളാൽ അന്തർയാമിയായ പരമാത്മാവിനെതിരായ പ്രവർത്തനമാണ് നടത്തുന്നത് ആകയാൽ ഈശ്വരവിരോധികളായ അസുരന്മാരുടെ ഗണത്തിൽ അവരും ഉൾപ്പെട്ടു ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഈശ്വരൻ സകല പ്രാണികളുടെയും ഹൃദയദേശത്തിലാണ് സ്ഥിതി അതിനാൽ പൂജ നടത്തേണ്ടതും അവിടെ തന്നെ ബാഹ്യമായ പൂജ നിഷ്ഫലമാണ് എന്നിട്ടും ആളുകൾ അമ്പലവും പള്ളിയും പണിത് കല്ലും മരവും കൊണ്ട് ദേവന്മാരുടെയും ദേവിമാരുടെയും വിഗ്രഹങ്ങളുണ്ടാക്കി പൂജയും വഴിപാടും നടത്തുന്നു കൂട്ടത്തിൽ ശ്രീകൃഷ്ണന്റെയും വിഗ്രഹങ്ങൾ മറന്നിട്ടില്ല ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളെ ആദരിക്കുകയും മൂർത്തിപൂജയെ വിലക്കുകയും ചെയ്ത ശ്രീബുദ്ധന്റെ പ്രതിമകൾ പോലും അവർ നിർമ്മിച്ചു വിളക്ക് വെച്ചു പൂജിക്കുന്നു അതേസമയം ഇങ്ങനെയാണ് ബുദ്ധൻ ഉപദേശിച്ചിരുന്നത് ആനന്ദ തഥാഗതൻ എന്നാൽ പ്രബുദ്ധതയുള്ളവൻ അറിവു നൽകുന്നവൻ എന്നിങ്ങനെ അർത്ഥമാകുന്നു തഥാഗതിന്റെ ഈ ഭൗതിക ശരീരത്തെ വൃഥാ പൂജിച്ച് നീ സമയം കളയരുത് ദേവാലയങ്ങളും തീർത്ഥസ്ഥലങ്ങളും വിഗ്രഹങ്ങളും മറ്റും പൂർവവർത്തികളായ പുണ്യപുരുഷന്മാരുടെ സ്മരണ നിലനിർത്താൻ ഉപകരിച്ചേക്കാം സീത ഒരു ബ്രാഹ്മണ കന്യകയായിരുന്നു പിതാവിൻ്റെ പ്രേരണയാൽ പരമാത്മപ്രാപ്തിക്കുവേണ്ടി തപസ് ചെയ്തുവെങ്കിലും അത് സഫലമാകാതെ പോയി എന്നാൽ അടുത്ത ജന്മത്തിൽ പരമാത്മാവിനെ തന്നെ പതിയായി ലഭിച്ചു ആദിശക്തിയുടെ രൂപത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്തു മീര ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഏകാശ്രയമായി കരുതി എല്ലാം വെടിഞ്ഞ് ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ഭക്തയായി ഒടുവിൽ പരമപദം പ്രാപിച്ചു ആ പുണ്യവതിയുടെ പേരിലും സ്മാരകമന്ദിരങ്ങളുണ്ടായിട്ടുണ്ട് അവ അവരുടെ മഹത്വത്തിലേക്കും ദിവ്യത്വത്തിലേക്കും ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ അത്രത്തോളം നന്ന് പൂവിട്ട് പൂജിച്ചതുകൊണ്ട് മാത്രം എല്ലാ കടമകളും നിറവേറ്റിക്കഴിഞ്ഞു എന്ന് കരുതുന്നെങ്കിൽ അത് തെറ്റ് ഗുരുനാഥന്റെ ചിത്രം ചവിറ്റുകൊട്ടയിലെറിയുന്നത് ഞങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല കാരണം അദ്ദേഹം ഞങ്ങളുടെ ആദർശ പുരുഷനാണ് ചിത്രം ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കും എന്നാൽ ചിത്രത്തെ പൂജിക്കുകയോ ആരാധിക്കുകയോ മാത്രം ചെയ്താൽ ഞങ്ങൾ ഗുരുനാഥന്റെ ആദർശങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നാണ് അതിനർത്ഥം മഹാത്മാക്കളുടെ ഉപദേശങ്ങളും ആദർശങ്ങളും ഓർമ്മിപ്പിക്കാൻ സ്മാരകങ്ങൾ സഹായകമാവും മന്ദിരം ഗുരുദ്വാര പള്ളി ബുദ്ധവിഹാരം എന്നിവകൾക്ക് ധർമ്മത്തോടായിരിക്കണം ബന്ധം അധർമ്മവും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുകയും പ്രതിമകളെ ആരാധിക്കുകയും ചെയ്യാൻ ഇത്തരം സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൂടാ ഗ്രന്ഥം ഇതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ പാരായണം നടത്താനും അവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിയതവിധികൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാകുന്നു കൂടാതെ മറന്ന വീണ്ടും വായിച്ച് ഓർമ്മ പുതുക്കുകയും ചെയ്യാം അതിനു ഗ്രന്ഥങ്ങളെ തൊഴുകൈ ഉയർത്തി ബഹുമാനിച്ച് ചന്ദനവും പൂവുമിട്ട് പൂജിക്കാൻ തുടങ്ങുന്നത് വ്യക്തിത്തമല്ലേ പുസ്തകങ്ങൾ ഒരു വഴികാട്ടി മാത്രമാകുന്നു സാധനകളിലൂടെ പരമാത്മാവിനെ പ്രാപിച്ചാൽ പിന്നെ പുസ്തകം കൊണ്ട് ഉപയോഗമെന്ത് ധർമ്മം രണ്ടാം അധ്യായത്തിൽ പതിനാറ് മുതൽ ഇരുപത്തൊമ്പത് വരെ ശ്ലോകങ്ങളിലൂടെ അസത്തായ വസ്തുവിന് ഒരിക്കലും അസ്തിത്വമില്ലെന്നും സത്തായ വസ്തു മൂന്ന് കാലങ്ങളിലും നിലനിൽക്കുമെന്നും പരമാത്മാവ് സത്യവും ശാശ്വതവും ജരാനരഹിതവും അമരവും പരിവർത്തനരഹിതവുമാണെന്നും യോഗേശ്വരൻ പ്രസ്താവിച്ചു അചിന്ത്യവും അഗോചരവും അവ്യക്തവും ചിത്തവിചാരതരംഗങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ബ്രഹ്മത്തെ പ്രാപിക്കാൻ ചിത്തനിരോധം ആവശ്യമാണ് അതിനുള്ള വിധിവിശേഷമാണ് കർമ്മം ഈ കർമ്മത്തെ കാര്യരൂപത്തിലാക്കുന്നതാണ് ധർമ്മം ഗീത രണ്ടേ ബൈ പറഞ്ഞു ഈ കർമ്മം ആരംഭിച്ചുകഴിഞ്ഞാൽ ചെയ്ത സാധനകൾ ഒരു കാലത്തും നഷ്ടമാവുകയില്ല അത് ജന്മമൃത്യുരൂപത്തിലുള്ള ദുഃഖത്തിൽ നിന്നും സാധകനെ ഉദ്ധരിക്കും ഈ കർമ്മത്തെ കാര്യരൂപത്തിലാക്കുന്നതാണ് ധർമ്മം കർമ്മത്തിന്റെ മാർഗത്തിൽ സാധകന്റെ സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ള ക്ഷമതയെ ആധാരമാക്കി നാല് വിഭാഗങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവയ്ക്ക് ർണങ്ങൾ എന്നു പറയുന്നു തുടക്കത്തിൽ ശൂദ്രനെന്നും സാധന പുരോഗമിക്കുമ്പോൾ വൈശ്യനെന്നും സാധകന്റെ വഴിയിൽ തടസ്സം ചെയ്യുന്ന ത്രിഗുണമായി പ്രകൃതിയെ നേരിടാനുള്ള കരുത്ത് കൈവരുത്തുമ്പോൾ ക്ഷത്രിയനെന്നും ബ്രഹ്മസാരൂപ്യത്തിനുള്ള യോഗ്യത ലഭിക്കുമ്പോൾ ബ്രാഹ്മണനെന്നും സാധകൻ അറിയപ്പെടുന്നു സ്വഭാവമനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ മരണം പോലും ശ്രേയസ്കരമാണ് പരധർമാനുഷ്ഠാനം ഭയാവഹമാണ് മരിച്ചാലും സാധന അവസാനിച്ചിടത്തു നിന്നും അടുത്ത ജന്മത്തിൽ ആരംഭിക്കാം തുടർന്ന് സാധനകൾ ചെയ്ത് പരമപദവും പ്രാപിക്കാം സകലജീവികളുടെയും പ്രഭവസ്ഥാനമായ പരമാത്മാവ് സർവവ്യാപിയാണ് स्वभाव कहवनुस आरमात्व पूजी आर्म पाय सिद्धियुग्र निश्चित विधि अुस परमात्मचिंत धर्म धर्म प्रवेश अर्हत आर्ण श्रीकृष्ण व्यक्तमा की दुराचारियान्द्र എന്നെ ഭജിക്കുന്നയാൾ ധർമാത്മാവായി തീരും ഏകനായ പരമാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി നിയതകർമ്മങ്ങൾ ആചരിക്കുന്ന ആളാണ് ധർമാത്മാവ് എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കൂ എന്ന് ഒടുവിൽ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു പരമാത്മാവിൽ സ്ഥിരമായ ശ്രദ്ധയുണ്ടാവുന്നതാണ് ധർമ്മം പരമാത്മാവിൽ സർവസ്വം സമർപ്പിക്കുന്നയാൾ ധർമാത്മാവാകുന്നു പരമാത്മപ്രാപ്തിക്കു വേണ്ടി നിശ്ചിതക്രിയകൾ ചെയ്യുന്നതാണ് ധർമ്മം പരമപഥത്തിലേക്ക് കടക്കുന്ന മഹാപുരുഷന്മാരുടെ സിദ്ധാന്തമാണ് ധർമ്മം ആ മഹാപുരുഷന്മാർ പോയ വഴികളിലൂടെ മുന്നോട്ടു പോകുന്നതാണ് ധർമ്മം മനുഷ്യർക്ക് ആചരിക്കാനുള്ളതാണ് ധർമ്മം അത് ഒന്ന് തന്നെ ഈ കർമ്മയോഗത്തിൽ നിശ്ചയാത്മകക്രിയ ഒന്നു തന്നെയെന്ന് രണ്ടിൽ നാൽപ്പത്തൊമ്പതിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും വ്യാപാരങ്ങളെ നിയന്ത്രിച്ച് ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നാലിൽ ഇരുപത്തേഴിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ധർമാന്തരണം സനാതനധർമ്മത്തിന്റെ ജന്മദേശമായ ഭാരതത്തിൽ മുസ്ലിം ആക്രമണകാലത്ത് മുസ്ലിങ്ങളിൽ നിന്ന് ഒരു പിടിച്ചോറുണ്ടതുകൊണ്ടോ കുറച്ച് വെള്ളം കുടിച്ചതുകൊണ്ടോ ഭ്രഷ്ടുണ്ടായതായി ആളുകൾ കരുതി അങ്ങനെ ധർമ്മഭ്രഷ്ടരെന്നാരോപിക്കപ്പെട്ട എത്രയോ ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്തു ധർമ്മത്തിന് വേണ്ടി മരിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയ അവർ മതത്തെ മനസ്സിലാക്കിയോ എന്തോ മതം ഒരു തൊട്ടാവാടിയാണോ തൊട്ടാവാടിയിൽ നിന്ന് കയ്യെടുത്ത് കുറച്ചു കഴിഞ്ഞാൽ ഇലകൾ വീണ്ടും വികസിക്കും എന്നാൽ സനാതനധർമ്മത്തിന്റെ കഥ അതിനേക്കാൾ കഷ്ടമാണ് മറ്റു മതക്കാർ തൊട്ടശുദ്ധിയുണ്ടാക്കിയാൽ പിന്നെ അത് ഒരിക്കലും വികസിക്കാനാകാതെ എന്നേക്കുമായി വാടിപ്പോകുമത്രേ ആത്മാവിനെ ഭൗതിക വസ്തുക്കൾക്കല്ല അഗ്നിക്ക് പോലും അതിനെ സ്പർശിക്കുവാൻ സാധിക്കുകയില്ലല്ലോ പിന്നെ അതിൻ്റെ ആവരണം മാത്രമായ ശരീരത്തിൽ സ്പർശിച്ചാൽ ആത്മാവ് അശുദ്ധമാവുന്നതെങ്ങനെ വാളുകൊണ്ട് മരിക്കുന്നത് മനസ്സിലാക്കാം ഇഷ്ടമില്ലാത്ത ധർമ്മത്തിന്റെ സ്പർശം കൊണ്ട് മരിക്കേണ്ടി വരുന്നത് കഷ്ടമാണ് ഇങ്ങനെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് ഒരാൾ ധർമ്മഭ്രഷ്ടനാവുമോ ഒരിക്കലുമില്ല ധർമ്മത്തിൻ്റെ പേരിൽ ഇങ്ങനെ എത്ര അന്യായങ്ങൾ നടക്കുന്നു ഫിറോസ് തുക്ലക്കിന്റെ ഭരണകാലത്ത് ഹിന്ദുക്കൾ മുഖം മറച്ച് നടക്കരുതെന്ന ആജ്ഞ പുറപ്പെടുവിച്ചിരുന്നു മുസൽ വേണമെങ്കിൽ മുഖത്ത് തുപ്പി ഹിന്ദുവിനെ മതഭ്രഷ്ടനാക്കാമല്ലോ സ്വന്തം മതത്തിൽ നിന്ന് ഭ്രഷ്ടനായാൽ പിന്നെ ഇസ്ലാം മതത്തിൽ ചേരുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ലായിരുന്നു മതം മാറ്റാൻ പറ്റിയ ഒരു കുറുക്കുവഴി കിണറ്റിൽ തുപ്പി മുസൽമാൻമാർ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ അക്കാലത്ത് മതഭ്രഷ്ടരാക്കിയിരുന്നു ഇങ്ങനെ മതം മാറ്റിയതുകൊണ്ട് ധർമ്മം പ്രതിഷ്ഠിതമായോ ഒരു ധർമ്മത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചാട്ടം ധർമ്മമല്ല അധർമ്മമാണ് മതം മാറിയവരും മാറ്റിയവരും ധർമാത്മാക്കളല്ല ധർമ്മഹന്താക്കളാണ് മതം മാറ്റം എന്ന കുടുക്കിൽപ്പെട്ടുപോയ ഹിന്ദുക്കൾ അനുഭവിച്ച കഷ്ടതകൾക്കതിരില്ല അവികസിതവും വഴി തെറ്റിയതുമായ സമുദായത്തെ പരിഷ്കൃതമാക്കാൻ വേണ്ടി മുഹമ്മദ് നബി വിവാഹം മൊഴിചൊല്ലൽ ഓസ്യത്ത് പലിശ സാക്ഷി പറിച്ചൽ പ്രായശ്ചിത്തം തുടങ്ങിയ കാര്യങ്ങളിൽ ചില നിയമങ്ങൾ ഉണ്ടാക്കി അതുപോലെ വിഗ്രഹപൂജ വ്യഭിചാരം മോഷണം മദ്യപാനം ചൂതുകളി എന്നിവയുടെ മേൽ നിരോധനം ഏർപ്പെടുത്തി ദുർവാസനകളിൽ മുഴുകിക്കിടന്ന സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയുണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ സ്ത്രീകളുടെ പരാധീനതകളെപ്പറ്റി ശ്രദ്ധ വച്ചില്ല എന്നൊരു ദോഷം ഈ വ്യവസ്ഥയ്ക്കുണ്ടായിപ്പോയി മുഹമ്മദ് നബി ധർമ്മമെന്ന് വിവരിച്ച കാര്യങ്ങളിൽ ആർക്കും വലിയ താൽപ്പര്യമില്ല ധർമ്മത്തിന്റെ പേരിലുള്ള ആചാരങ്ങളിലാണ് അനുയായികൾ അധികം താൽപ്പര്യം കാണിക്കുന്നത് അദ്ദേഹം ഒരിടത്ത് പറഞ്ഞു ഈശ്വരസ്മരണ കൂടാതെ ഒരു ശ്വാസം പോലും വിടാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് അന്ത്യവിധി സമയത്ത് നരകമായിരിക്കും ലഭിക്കുക ഓരോ ശ്വാസത്തിലും ഈശ്വരനെ സ്മരിക്കുന്ന ആരുണ്ട് ഈ ലോകത്തിൽ അപ്പോൾ എല്ലാവർക്കും നരകത്തിൽ പതിക്കേണ്ടി വരുമല്ലോ സഹജീവികളെ പീഡിപ്പിക്കാത്തവർക്കും മിണ്ടാപ്രാണികളായ മൃഗങ്ങളെ വേദനിപ്പിക്കാത്തവർക്കും സ്വർഗസ്ഥനായ ഈശ്വരൻ അനുഗ്രഹം നൽകുമെന്ന് നബി തിരുമേനി അരുളി ചെയ്തിരുന്നു എന്നാൽ അത് അനുയായികൾ മക്കയിൽ മാത്രമായി ചുരുക്കി മക്കയിലെ മസ്ജിദിൽ നിന്നും പച്ചപുല്ല് മുറിച്ചു മാറ്റരുതെന്നും അവർ നിശ്ചയിച്ചു ഇത് മുഹമ്മദിന്റെ ഉപദേശത്തിന് ഘടകവിരുദ്ധമാണ് മുഹമ്മദിന്റെ ആശയം തബ്രേജും മൻസൂറും ഇക്ബാലും ശരിക്കും മനസ്സിലാക്കിയിരുന്നു എന്നാൽ അവർക്ക് അക്കാരണത്താൽ മതഭ്രാന്തന്മാരുടെ അധിക്ഷേപം ഏൽക്കേണ്ടി വന്നു നാസ്തികത്വം പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്നു സാപത്ത് ദിനത്തിൽ പണിയെടുത്തെന്നും അന്ധർക്ക് കാഴ്ച കൊടുത്തെന്നും മറ്റും കുറ്റമാരോപിച്ച് യേശുദേവനെ കുരിശിലേറ്റി ഭാരതത്തിലും ഇതുപോലെ സ്വതന്ത്രാഭിപ്രായം പ്രചരിപ്പിച്ചവരെ മതവിരുദ്ധരെന്നധിക്ഷേപിച്ച് പീഡിപ്പിച്ചതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഗൃഹസ്ഥധർമ്മം കർമ്മം എന്നാൽ ഏകാന്തവാസവും ഇന്ദ്രിയനിഗ്രഹവും നിരന്തരമായ ഈശ്വര ചിന്തനവും ധ്യാനവുമാണെങ്കിൽ ഗൃഹസ്ഥന്മാർക്ക് ഇതെങ്ങനെ സ്വീകാര്യമാവും ഈ ജീവിതരീതി സന്യാസിമാർക്ക് മാത്രമല്ലേ പറ്റൂ ഈ സംശയത്തിന് അടിസ്ഥാനമില്ല ഗീത എല്ലാ വിഭാഗക്കാർക്കും ഉപകാരപ്രദമാണ് സന്യാസിമാർ കർമ്മത്തിന്റെ ഒടുവിലത്തെ സ്ഥിതിയിലെത്തിയവരാണ് തുടക്കക്കാരായ സാധകന്മാർക്ക് കർമ്മങ്ങൾ ചെയ്ത് ക്രമേണ അടുത്ത ശ്രേണിയിലേക്ക് കടക്കാവുന്നതാണ് ഗൃഹസ്ഥന്മാർക്ക് ഗീതയിലെ നിർദ്ദേശമനുസരിച്ച് കർമ്മപഥത്തിലൂടെ മുന്നോട്ടു നീങ്ങാം നിഷ്കാമമായി ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ വിത്തുകൾ ഒരു കാലത്തും നഷ്ടമാവുകയില്ലെന്ന് ശ്രീകൃഷ്ണൻ അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുണ്ട് ലക്ഷ്യം നേടുന്നതുവരെ അതു തുടർന്ന് നിലനിൽക്കും നിയതകർമ്മങ്ങൾ കുറേ കാലത്തേക്ക് മാത്രം അനുഷ്ഠിച്ചാൽ തന്നെ ജനന മരണ ഭയത്തിൽ നിന്ന് അത് നമ്മെ ഉദ്ധരിക്കും അപൂർണമായി കുറേ കാലത്തേക്ക് അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് ഗൃഹസ്ഥന്മാരുടെ സ്വഭാവമല്ലേ സാംസ്കാരിക ജീവിതം നയിക്കുന്നവർക്കും ഗീത സഹായകമാണ് ഗീത നാലാം അധ്യായം മുപ്പത്താറാം ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു ഏറ്റവും വലിയ പാപിയാണെങ്കിൽ കൂടി ജ്ഞാനമാകുന്ന തോണിയിലേറി അക്കരയെത്താനും പരമപദം പ്രാപിക്കാനും സാധിക്കും ആറാമധ്യായത്തിൽ യോഗഭ്രഷ്ടന്മാരുടെ ഗതിയെന്ത് എന്ന ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് അവർ യോഗികളുടെ കുലത്തിൽ പിറന്ന് മുൻപ് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ കർമ്മങ്ങൾ മുഴുമിപ്പിച്ച് പല ജന്മങ്ങളിലൂടെയാണെങ്കിലും പരഗതി പ്രാപിക്കുക തന്നെ ചെയ്യും ഗൃഹസ്ഥന് കർമ്മം ചെയ്ത് യോഗിയോ ത്യാഗിയോ ആകാമെന്ന് ഇതിൽ നിന്ന് തെളിയുന്നു ദുരാചാരികളായാൽ കൂടി അനന്യഭക്തിയോടെ ഭജിക്കുന്നവർക്ക് സദ്ഗതി ലഭിക്കുമെന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് വൈശ്യനോ ശൂദ്രനോ സ്ത്രീയോ പാപിഷ്ടനോ ആരുമാകട്ടെ എന്നിൽ സർവസ്വവും സമർപ്പിച്ച് സാധന ചെയ്താൽ അവർ പരമഗതി പ്രാപിക്കുമെന്നുള്ളത് തീർച്ചയാണ് ഗൃഹസ്ഥാശ്രമത്തോടെ തുടങ്ങുന്ന കർമ്മം പരമപഥത്തിലെത്തുമ്പോൾ സമംഗളം പര്യവസാനിക്കും സ്ത്രീ ഗീതയിൽ പറയുന്ന പ്രകാരം മനുഷ്യശരീരം വസ്ത്രങ്ങളെപ്പോലെയാണ് മനുഷ്യൻ പഴകിയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് പഴയ ശരീരം ത്യജിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു പുരുഷനായാലും സ്ത്രീയായാലും അതാണ് വസ്തുത രണ്ടും രണ്ടു തരം വസ്ത്രങ്ങൾ മാത്രമാണ് ലോകത്ത് രണ്ടു തരം മനുഷ്യരാണുള്ളത് ക്ഷരം അക്ഷരം എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം ക്ഷരവും പരിവർത്തന സ്വഭാവമുള്ളതുമാകുന്നു അഥവാ നശ്വരം എന്നാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകാഗ്രമാക്കി ഹൃദിസ്ഥനായിരിക്കുന്ന പരമാത്മാവിൽ എപ്പോൾ പ്രവേശിക്കുന്നുവോ അപ്പോൾ ആ പുരുഷൻ അക്ഷരൂപനാകുന്നു അഥവാ വിനാശരഹിതനാകുന്നു ഇത് ആത്മീയ സാധനങ്ങളുടെ ഉന്നതാവസ്ഥയാകുന്നു സ്ത്രീയെ ബഹുമാനിക്കുകയും ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ലോകത്തു എന്നാൽ ഭഗവത്ഗീത പറഞ്ഞു ഒരാൾ ശൂദ്രനായാലും വൈശനായാലും പുരുഷനായാലും സ്ത്രീയായാലും ആരു തന്നെയായാലും പരമാത്മാവിൽ ലയിച്ച് മോക്ഷം നേടാം അതുകൊണ്ട് ആത്മീയതലത്തിൽ പുരുഷന്റെ അതേ സ്ഥാനം സ്ത്രീക്കുമുണ്ട് ഭൗതിക സമൃദ്ധി ഗീത പരമമംഗളദായിനിയാണ് ആത്മസുഖം മാത്രമല്ല ഭക്തൻ ആഗ്രഹിക്കുന്ന ഭൌതിക വസ്തുക്കളും അത് നൽകുന്നു ഒമ്പതാം അധ്യായത്തിൽ സ്വർഗ കാമനയോടെ കർമ്മം ചെയ്യുന്നവരെപ്പറ്റി പരാമർശമുണ്ട് അവർക്ക് സ്വർഗം ലഭിക്കുമെങ്കിലും അത് നശ്വരമാകയാൽ പുണ്യം ക്ഷയിക്കുമ്പോൾ ഇങ്ങോട്ട് മടങ്ങി വരേണ്ടിയിരിക്കുന്നു അവർക്ക് പുനർജന്മം എടുക്കേണ്ടതായും വരും എന്നാൽ അനന്യഭക്തിയോടെ ഭജിക്കുന്നവരെ ഭൗതികസുഖങ്ങൾ അനുഭവിക്കാൻ അവസരം നൽകിയ ശേഷം ക്രമേണ തന്റെ ആത്മസ്വരൂപത്തിൽ ശ്രീകൃഷ്ണൻ ലയിപ്പിക്കും ക്ഷേത്രം യോഗേശ്വരനായ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ശ്രീമുഖവാണിയായ ശ്രീമദ്ഭഗവത്ഗീതയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യാതിധീയത എന്ന് ഹേ അർജുന ഈ ശരീരം ഒരു ക്ഷേത്രമാകുന്നു ഇത് കർമ്മങ്ങളുടെ കൃഷിഭൂമിയാകുന്നു സുഹൃത ദുഷ്കൃത കർമ്മങ്ങളാകുന്നു ഈ ഭൂമിയിലെ കൃഷികൾ ഇതിൽ വിതയ്ക്കപ്പെടുന്ന ഈ വിത്തുകൾ കാലാകാലത്തിൽ മുളച്ചു വളർന്ന് അതാതിൻ്റെ നല്ലതും ചീത്തയുമായ ഫലങ്ങളെ തരുന്നു അതാകുന്നു സുഖമായും ദുഃഖമായും പരിണമിക്കുന്നത് ദുഃഖദായിയായ ആസുരീ സമ്പത്ത് പക്ഷിമൃഗാദി അധമയോനിപ്പിറവികളിലേക്കും സുഖധായിയായ ദൈവീക സമ്പത്ത് പരമാത്മപ്രാപ്തിയിലേക്കും നയിക്കുന്നു സർവശ്രേഷ്ഠനായ ഒരു സദ്ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഇതുകളെ വേർതിരിച്ച് നിർണയിക്കുന്നതോടെ യുദ്ധത്തിന്റെ ആരംഭം കുറിക്കുകയായി ഇത് ഭൂമിയിൽ നടക്കുന്ന ഒരു യുദ്ധമല്ല ശരീരമാകുന്ന ക്ഷേത്രത്തിന്റെ രാജധാനിയായ അന്തരംഗത്തിൽ നടക്കുന്ന ദേവാസുര യുദ്ധമാകുന്നു ഗീതയുടെ ചില പരിഭാഷകൾ പറയുന്നു കുരുക്ഷേത്രം വെളിയിലാണെന്ന് ചിലർ പറയുന്നു മനസ്സിന്റെ അകത്താണെന്ന് ഇത് ശരിയല്ല ശ്രീകൃഷ്ണ ഒരു കുരുക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ അത് അന്തരംഗമാകുന്നു ഒരു പ്രഭാഷകൻ ഒരു വിഷയം പ്രഭാഷണം ചെയ്യുന്നു ശ്രോതാക്കൾ അവരവരുടെ മനോപക്കം അനുസരിച്ച് മനസ്സിലാക്കുന്നു അതുപോലെ ഗീതയ്ക്ക് അനേക അർത്ഥങ്ങളിൽ വ്യാഖ്യാനങ്ങളുണ്ടായി ഇത്രയേയുള്ളൂ എന്നാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സ്ഥിതിയിൽ എത്തി മഹാപുരുഷന്മാർക്ക് മാത്രമേ ഗീതയെ യഥാർത്ഥമായി പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത ഗീതയിലെ ഒരു പദ്യം പോലും ബാഹ്യവിഷയങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല ഇത് ഒരാധ്യാത്മിക ഗ്രന്ഥമാണ് ആഹാരം വസ്ത്രധാരണം നടപ്പ് എന്നിവയെപ്പറ്റി നിങ്ങൾക്ക് നന്നായി അറിയാം പെരുമാറ്റ രീതി അന്തസ് ദേശകാല പരിസ്ഥിതികൾക്കനുകൂലമായി ഉണ്ടാകുന്ന മാറ്റം എന്നിവ പ്രകൃതിയുടെ സംഭാവനയാണ് ഇക്കാര്യത്തിൽ കൃഷ്ണന് ഒരു വ്യവസ്ഥയും ചെയ്യാനില്ല ചില സ്ഥലങ്ങളിൽ പെൺകുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ പുരുഷന് ഒന്നിൽ കൂടുതൽ പേരെ ഭാര്യമാരായി സ്വീകരിക്കാം ചില സ്ഥലങ്ങളിൽ സഹോദരന്മാർ ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാറുണ്ട് ഇതിൽ ശ്രീകൃഷ്ണന് ഇടപെടേണ്ട കാര്യമില്ല രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ ജനസംഖ്യ കുറഞ്ഞു ആ അവസരത്തിൽ മൂന്ന് മക്കളെ പ്രസവിക്കുന്ന അമ്മമാർക്ക് നാടിന്റെ അമ്മ എന്ന ബിരുദം നൽകിയിരുന്നു വൈദിക ഭാരതത്തിൽ പത്തുവരെ സന്താനങ്ങൾ ദമ്പതിമാർക്കുണ്ടാവുക സ്വാഭാവികമായിരുന്നു ഇപ്പോഴോ നാം രണ്ട് നമുക്ക് രണ്ട് നാം ഒന്ന് നമുക്കൊന്ന് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കുടുംബത്തിൽ പ്രചരിക്കുന്നു ഇമാതിരി കാര്യങ്ങളിൽ ഒരു വ്യവസ്ഥയും ഏർപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ മെനക്കെട്ടില്ല ശ്രേയസ് കാമക്രോധ ലോപമോഹങ്ങളെപ്പറ്റി പഠിക്കാൻ ആരും വിദ്യാലയങ്ങൾ നടത്തുന്നില്ല എന്നിട്ടും കുട്ടികൾ ഈ വിഷയങ്ങളിൽ എത്ര വേഗം പ്രാവീണ്യം നേടുന്നു ഇതെല്ലാം പ്രകൃതി നൽകുന്ന കഴിവുകളാണ് പണ്ട് ഗതായുദ്ധവും ധനുർവിദ്യയും ഒക്കെ പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ തോക്ക് പ്രയോഗിക്കാനുള്ള അഭ്യാസമാണ് നടക്കുന്നത് ഈ യന്ത്രയുഗത്തിൽ രഥമോ ഓടിക്കാൻ ആരും മെനക്കെടാറില്ല മോട്ടോർ കാർ ഓടിക്കാനുള്ള പഠനമാണിക്കാലത്ത് നടക്കുന്നത് കാലത്തിനനുസരിച്ചുള്ള ഈ കോലങ്കട്ടലിൽ എന്തിനടപെടണം പ്രകൃത്യ ഉണ്ടാകുന്ന ഗുണങ്ങളാൽ പരവശരായി പരിതസ്ഥിതിക്കനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കുന്നുവെന്ന് ശ്രീകൃഷ്ണൻ പ്രസ്താവിച്ചിട്ടുണ്ട് ഭൗതികശാസ്ത്രം സമാജശാസ്ത്രം ശിക്ഷാശാസ്ത്രം അർത്ഥാസ്ത്രം തർക്കശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നുമാത്രം അവർക്ക് അജ്ഞാതമാണ് ഉള്ളിലുള്ള കാര്യം അത് വിസ്മൃതിയായിപ്പോയെന്ന് മാത്രം ഗീത കേട്ടപ്പോൾ എല്ലാം അർജുനന് സ്മൃതിഗമ്യമായി ഹൃദയസ്ഥനായ പരമാത്മാവിനെ അറിയുവാനുള്ള വഴിയാണ് മഹാത്മാക്കൾ കാട്ടിത്തരുന്നത് മോഹത്തിന്റെ ആവരണത്തിൽപ്പെട്ടിരിക്കുന്ന ആ സത്യത്തെ അറിയാനുള്ള പ്രേരണ ഗീത നൽകുന്നു ഭൌതിക വസ്തുക്കളും ഗീത നൽകും എന്നാൽ നശ്വരമായ ആ പ്രേയസിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അനശ്വരമായ ശ്രേയസ് യോഗപ്രദാതാവ് യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ പരമപദം നേടാനുള്ള ഉപായവും ഉപകരണവുമെല്ലാം സദ്ഗുരുവിൽ നിന്നാണ് ലഭിക്കുന്നത് തീർത്ഥാടനം കൊണ്ടോ തീവ്ര കൊണ്ടോ കിട്ടാത്ത ആ പദം ദിവ്യനായ ഗുരു കാട്ടിത്തരുന്നു ഒരു മഹാപുരുഷന്റെ പ്രസാദം കൊണ്ടേ ക്ഷ്യപ്രാപ്തി ഉണ്ടാകൂ എന്ന് നാലേ ബൈ മുപ്പത്തിനാലിൽ ശ്രീകൃഷ്ണൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് മഹാപുരുഷനിർദ്ദേശമനുസരിച്ച് മുന്നോട്ടുപോയാൽ യോഗസാധന സുഖകരമാകും പതിനെട്ടാം അധ്യായം പതിനെട്ട് ബൈ പതിനെട്ടിൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു ജ്ഞാതാവായ മഹാപുരുഷനും ജ്ഞാനം അഥവാ നിയതവിധിയും ന്യേയമയമായ ഭ്രഹവും കർമ്മത്തിന് പ്രേരകമായ മൂന്ന് ഘടകങ്ങളാണ് കർമ്മത്തിന് മാധ്യമമായി പ്രവർത്തിക്കുന്നത് മഹാപുരുഷനാണ് അല്ലാതെ പുസ്തകമല്ല പുസ്തകം ചികിത്സയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കുറിപ്പടി മാത്രം അതിലെ വിവരങ്ങൾ നടപ്പിലാക്കിയെങ്കിലല്ലേ ഫലം കിട്ടൂ രകം പതിനാറെ ബൈ പതിനാറിൽ അസുരസമ്പത്തിനെ വർണ്ണിച്ചുകൊണ്ട് യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ പറഞ്ഞു പലതരത്തിലുള്ള മനോവിഭ്രാന്തിയും മോഹാന്തയും ബാധിച്ച ആസുര സ്വഭാവക്കാരായ ആളുകൾ വൃത്തികെട്ട നരകത്തിൽ പതിക്കും എന്താണീ നരകം ഈ ചോദ്യത്തിന് ശ്രീകൃഷ്ണന്റെ ഉത്തരം ഉദ്ധരിക്കാം എന്നോട് അഥവാ പരമാത്മാവിനോട് വിദ്വേഷം കാട്ടുന്ന നരാധമന്മാർ ആസുരയോനിയിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി അതാണ് അവരുടെ നരകം കാമവും ക്രോധവും ലോഭവും ആ നരകത്തിന്റെ വാതിലുകളാണ് ഇവ ആസുരസമ്പത്തിനോട് ബന്ധപ്പെട്ടതാണ് അവിടെ കടക്കുന്നവർ കൃമികീട പശുപക്ഷ്യാധികളുടെ യോനിയിൽ ജനിക്കുന്നു നരകത്തിലേക്കുള്ള പ്രവേശനമാണത് പിന്നം യുദ്ധത്തിലെ നരഹത്യയുടെ ഫലമായി പിതൃക്കൾക്ക് പിഡദദാനത്തിനും തർപ്പണത്തിനും അവകാശികളില്ലാതാവുകയാൽ അവർ പതിതരായി പോവുകയില്ലേ എന്നൊരു ശങ്ക ഒന്നാമധ്യായത്തിന്റെ ഒടുവിൽ അർജുനൻ പ്രകടിപ്പിച്ചു അതിനുത്തരമായി ഭഗവാൻ പറഞ്ഞു അർജുന നിനക്കീ അജ്ഞാനം എങ്ങനെയുണ്ടായി ജീർണവസ്ത്രം ഉപേക്ഷിച്ച് പുതുവസ്ത്രം അണിയുന്നത് പോലെയാണ് മരണവും പുനർജന്മവും മരണവേളയിൽ നശിച്ച ശരീരത്തിനു പകരം നശിക്കാത്ത ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കുന്നു പിഡദദാനവും മറ്റും കൊണ്ട് ഒരു പ്രയോജനവുമില്ല പതിനഞ്ച് ബൈ ഏഴിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഈ ജീവാത്മാവ് സനാതനമാണ് പരമാത്മാവിൻ്റെ ഒരംശം അഥവാ ലഘു സ്വരൂപം മാത്രമാണ് പുനർജന്മത്തിൽ ശരീരത്തിലുണ്ടായിരുന്ന മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും കാര്യകലാപജന്യമായ സംസ്കാരത്തോടുകൂടിയാണ് ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കുന്നതും ഭോഗങ്ങൾ അനുഭവിക്കുന്നതും ആത്മാവ് സ്വീകരിക്കുന്ന പുതിയ ശരീരത്തിലും ഭോഗസാധനങ്ങൾ ഉപലബ്ധമാണ് അതിനാൽ പിണ്ഡദാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല ഒരു ശരീരം വിട്ട് പെട്ടെന്ന് മറ്റൊരു ശരീരം സ്വീകരിച്ചുവെങ്കിൽ പോയ പഴയ ശരീരത്തിന് പിണ്ടുദാനം ചെയ്തതുകൊണ്ട് എന്ത് ഫലം ഈ രണ്ട് ജീവിതത്തിനുമിടയിൽ ഇടവേള മിക്കവാറും ഇല്ലെന്ന് പറയാം ഇടവേളയുണ്ടെങ്കിലല്ലേ പിതൃക്കൾ ആശ്രയമില്ലാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനിടവരൂ മാത്രമല്ല ഈ പിണ്ഡദാനം പിതൃക്കൾ ഭുജിച്ചോ ഭുജിക്കുന്നുണ്ടോ എന്ന് പിഡദദാതാക്കൾ അറിയുന്നുണ്ടോ അറിയുന്നതിന് ഒരു മാനദണ്ഡമുണ്ടോ അതിനാൽ പിണ്ഡദാനം അജ്ഞതാവിലസിതം തന്നെ പുണ്യപാപങ്ങൾ പുണ്യപാപങ്ങളുടെ കാര്യത്തിൽ ത്മക ചിന്തകൾ നിലവിലുണ്ട് ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ രജോഗുണജന്യമായ കാമക്രോധഭോഗങ്ങളിൽ മുഴുകി അതൃപ്തരായി കഴിയുന്ന ആളുകൾ മഹാപാപികളത്രേ കാമത്തിനാണ് ഇവയിൽ മുൻതൂക്കം പാപകാരണമായ കാമനകളുടെ ഇരിപ്പിടം മനസ്സും ബുദ്ധിയും ിയങ്ങളുമാണ് വികാരംകൊണ്ട് മലിനമാവുന്നത് മനസ്സാണ് അപ്പോൾ ശരീരം തീർത്ഥജലത്തിൽ കുളിപ്പിച്ചതുകൊണ്ട് എന്ത് ഫലം ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ നാമജപം ധ്യാനം മഹാപുരുഷ സേവ സർവസ്വസമർപ്പണം എന്നിവയാൽ മനസ്സ് പവിത്രമാക്കണം സദ്ഗുരുവിനെ സേവിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും സംശയനിവർത്തി വരുത്തിയും തദ്വിദ്ധി പ്രണിപാതേന നാല് ബൈ മുപ്പത്തിനാല് നേടുന്ന ജ്ഞാനം പാപം മുഴുവൻ കഴുകിക്കളയും യജ്ഞശിഷ്ടം ഭക്ഷിക്കുന്ന സജ്ജനങ്ങൾ പൂർണ്ണമായും പാപവിമുക്തരാവും കാമനകൾക്കിരയായി ശരീര പോഷണത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്നവർ പാപമാണ് ഭക്ഷിക്കുന്നത് മൂന്ന് ബൈ പതിമൂന്ന് ഏകാന്ത ചിന്തന രൂപത്തിലുള്ള ഒരു നിശ്ചിത കർമ്മപദ്ധതിയാണ് യജ്ഞം ചരാചരാത്മകമായ പ്രകൃതിയുടെ സമ്പർക്കം കൊണ്ടുണ്ടായ മനോമാലിന്യം മായ്ച്ചുകളയാൻ ഈ യജ്ഞത്തിന് കഴിയും പിന്നെ അവിടെ ബ്രഹ്മം മാത്രം പുനർജന്മത്തിലേക്ക് നയിക്കുന്നത് പാപമാണ് വീണ്ടും ശരീരം സ്വീകരിക്കാനിടയാവാതെ ശാശ്വതമായ അമൃത തത്വത്തിലേക്ക് നയിക്കുന്നത് പുണ്യവും ഏഴ് ബൈ ഇരുപത്തൊമ്പതിൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു എന്നെ ശരണം പ്രാപിച്ച് ജനനമരണബന്ധം പൊട്ടിക്കാൻ യത്നിക്കുന്ന പുണ്യശ്ലോകന്മാർ പാപരഹിതരായി സമ്പൂർണ്ണ ബ്രഹ്മത്തോട് ചേരുന്നു ജരാനര മരണദോഷങ്ങൾ നിവാരണം ചെയ്ത് ശാശ്വത ബ്രഹ്മത്തെ അറിയുന്നതാണ് പുണ്യം ജരാനരമരണ ദുരിതങ്ങളിൽപ്പെട്ട് നട്ടംതിരിയുന്നതാണ് പാപം പത്തെ ബൈ മൂന്നിൽ ശ്രീകൃഷ്ണൻ പറയുന്നു ജന്മമൃത്യുരഹിതനും ആദ്യരഹിതനും അഖിലലോകേശ്വരനുമായ എന്നെ സാക്ഷാത്കരിക്കുന്നവൻ ജ്ഞാനവാനാകുന്നു അതോടെ പാപമുക്തനാകുന്നു പുനരഭിജനനം പുനരഭിമരണം പാപകാരണം ആ പാപത്തിൽ നിന്നും മോചനം നേടാനും അതുവഴി പരമശാന്തിയിൽ മുഴുകാനും വേണ്ടി ചെയ്യുന്ന സത്കർമ്മമാണ് പുണ്യം സത്യം പറയുക അധ്വാനത്തിലൂടെ ആഹാരം നേടുക സ്ത്രീകളിൽ മാതൃഭാവം പുലർത്തുക എന്നിവ പുണ്യകർമ്മത്തിൻ്റെ ഭാഗങ്ങളാണ് എന്നാൽ പരമാത്മപ്രാപ്തിയാണ് ഏറ്റവും വലിയ പുണ്യം പരമാത്മാവിൽ വിശ്വാസമില്ലാതെ കഴിയുന്നത് ഏറ്റവും വലിയ പാപവും പരമാത്മാവ് ഏകൻ നാലേ ബൈ ഒന്നിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഈ അവിനാശിയായ യോഗശാസ്ത്രം കൽപ്പത്തിന്റെ ആദിയിൽ ഞാൻ സൂര്യദേവന് ഉപദേശിച്ചു കൊടുത്തു ഇവിടെ ഒരു സംശയം സംഗതമാണ് ലോകാരംഭത്തിൽ കൃഷ്ണനുണ്ടായിരുന്നു ആദ്യന്തവിഹീനമാണ് ശ്രീകൃഷ്ണൻ എന്നറിയുന്നവർ ഇക്കാര്യത്തിൽ സംശയാലുക്കളാവില്ല വാസ്തവത്തിൽ ഒരു പൂർണ്ണ യോഗേശ്വരനാണ് ശ്രീകൃഷ്ണൻ അവ്യക്തവും അവിനാശിയുമായ പരമാത്മസ്ഥിതിയിൽ അഭിരമിക്കുന്ന ഒരു വിശ്വപുരുഷനാകുന്നു ശ്രീകൃഷ്ണാവതാരത്തിനു മുൻപ് തന്നെ സ്മൃതികൾ ഉപനിഷത്തുകൾ വേദങ്ങൾ എന്നിങ്ങനെ ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നതാണ് എന്നാൽ ശ്രീകൃഷ്ണന്റെ പേര് ഇവകളിലൊന്നിലും ഒരിക്കലും വന്നിട്ടില്ല പോലും ഇതിനാൽ മാത്രം ഇത് ഒരു തർക്കവിഷയമാകുന്നില്ല പരമാത്മാവ് എന്നത് ഒരു വ്യക്തിയല്ല അത് സർവജ്ഞസ്ഥിതിയാകുന്നു ഈ സ്ഥിതിയിൽ ആരെത്തിയാലും പരമാത്മാവ് തന്നെ സ്വദേശമെന്നോ വിദേശമെന്നോ ഭേദമില്ലാതെ ലോകത്തെല്ലായിടത്തും കാലാകാലങ്ങളിൽ കാലാനുസൃതമായി മഹാപുരുഷന്മാർ അവതരിച്ചിട്ടുണ്ട് ലോകോദ്ധാരണം ചെയ്തിട്ടുണ്ട് ഇവർ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു എന്നാൽ നാമവും രൂപവും ഒന്നായിരുന്നില്ല കർമ്മങ്ങളും വിഭിന്നങ്ങളായിരുന്നുവെന്നതും കാണാവുന്നതാണ് അവരെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നോ നബിയെന്നോ ക്രിസ്തുവെന്നോ ബുദ്ധൻ ഏത് പേര് വിളിച്ചാലും ശരി അവരെല്ലാവരുടെയും സ്ഥിതി ഒന്നു തന്നെ ഈ ധർമ്മശാസ്ത്രം അഥവാ ഗീത സനാതനമായ പരമാത്മാവ് തന്നെയാണ് കൽപ്പാരംഭത്തിൽ ഉപദേശിച്ചിട്ടുള്ളത് അത് ശ്രീകൃഷ്ണൻ എന്ന നാമം ധരിച്ച് വീണ്ടും എടുത്തു പറയുന്നു എന്നേയുള്ളൂ ഇതിൽ അനൌചിത്യമില്ല ശ്രീരാമൻ ശ്രീ യേശുദേവൻ മുഹമ്മദ് നബി ഗുരുനാനാക്ക് എന്നിങ്ങനെ ഈ നിലയിലെത്തിയ എത്രയോ മഹാത്മാക്കൽ ലോകത്തുണ്ടായിരുന്നു എല്ലാ മഹാപുരുഷന്മാരും ഒന്നു തന്നെ ഒരേ പരമാത്മശക്തി തന്നെയാണ് എല്ലാവരിലും പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു മഹാത്മാവ് യോഗം ഉപദേശിച്ചെങ്കിൽ അത് യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതിന് തുല്യമാണ് മഹാപുരുഷന്മാർ വിഭിന്ന സ്ഥലങ്ങളിൽ വിഭിന്ന കാലങ്ങളിൽ ആവിർഭവിക്കാറുണ്ട് കിഴക്കോ പടിഞ്ഞാറോ വടക്കോ തെക്കോ കറുത്തതോ വെളുത്തതോ ആയ ജനവിഭാഗങ്ങളിൽ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരിൽ അഥവാ ഒരു മതത്തിലും ഉൾപ്പെടാത്തവരിൽ പണക്കാരിൽ പാവപ്പെട്ടവരിൽ എന്നുവേണ്ട എവിടെയും പിറവിയെടുക്കും ഒടുവിൽ സ്വരൂപത്തിലെത്തിച്ചേരും ജാതി മത വർഗ വർണ്ണഭേദങ്ങൾക്കതീതരാണിവർ എന്നാൽ മഹാത്മാക്കളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അനുയായികൾ സ്വന്തവും സ്വതന്ത്രവുമായ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി വലയത്തിൽ ജീവിതം നയിക്കുന്നു അങ്ങനെയാണ് മതങ്ങളും ഉപമതങ്ങളും ഉടലെടുത്തത് എന്നാൽ മഹാപുരുഷന്മാർ ഈ അതിരുകൾക്കപ്പുറത്താണ് വിശ്വത്തോളം വളർന്ന അവരെ ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ തളച്ചിടാനാവില്ല മഹാത്മാക്കൾ അവർ ഏതു സമ്പ്രദായത്തിൽപ്പെട്ടവരായാലും യാതൊരു കാരണവശാലും നിന്ദിക്കപ്പെടരുത് ഒരു സമ്പ്രദായത്തിൽപ്പെട്ടവർ കൂടുതലായി ആരാധിക്കുന്നുവെങ്കിൽ കൂടി എല്ലാ വിഭാഗീയ ചിന്തകൾക്കും അതീതരാണ് ആ മഹാത്മാക്കൾ ലോകത്തിൽ ഏതു ഭാഗത്ത് ജനിച്ച മഹാത്മാവായാലും അദ്ദേഹം നിന്ദിക്കപ്പെടരുത് നിന്ദിക്കുന്നവർ തങ്ങളുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയാണ് നിന്ദിക്കുന്നത് ലോകത്തിലുള്ള ഏത് മഹാത്മാവും നിങ്ങളുടെ ഹിതകാംക്ഷിയായിരിക്കും അതിനാൽ ആ മഹാത്മാക്കളോട് സന്മനോഭാവം പുലർത്തുക എന്നത് ഏവരുടെയും കടമയാണ് വേദം ഗീതയിൽ വേദങ്ങളെപ്പറ്റി പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ വേദത്തെ ഒരു വഴികാട്ടിയായിട്ട് മാത്രമാണ് ഗീതാകാരൻ കണക്കാക്കിയിട്ടുള്ളത് ലക്ഷ്യത്തിലെത്തിയവർക്ക് പിന്നെ ഈ മാർഗനിർദ്ദേശക ചിഹ്നങ്ങൾ ആവശ്യമില്ല ഗീത രണ്ടിൽ നാൽപ്പത്തഞ്ചിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന ത്രിഗുണങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് കഴിയുന്നവർക്ക് മാത്രമേ വേദം പ്രയോജനം ചെയ്യൂ നീ വേദങ്ങളുടെ കാര്യക്ഷേത്രത്തിന് മുകളിലേക്ക് ഉയരൂ രണ്ടിൽ നാൽപ്പത്തി ആറിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു ജലപൂർണമായ ഒരു വലിയ ജലാശയം ലഭിച്ച ആൾക്ക് ഒരു ചെറിയ കുളം കൊണ്ട് എന്ത് പ്രയോജനം അതുപോലെ ബ്രഹ്മത്തെ അറിഞ്ഞ ആൾക്ക് പിന്നെ വേദം കൊണ്ട് എന്ത് പ്രയോജനം എന്നാൽ മറ്റുള്ളവർക്ക് വേദം പ്രയോജനം ചെയ്യും എട്ടിൽ ഇരുപത്തെട്ടിലും വേദത്തെപ്പറ്റി ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് യോഗ തത്വം അറിഞ്ഞവർ വേദങ്ങൾ കൊണ്ടും യജ്ഞങ്ങൾ കൊണ്ടും തപസ്സുകൊണ്ടും ദാനം കൊണ്ടും ഉണ്ടാകുന്ന പുണ്യഫലങ്ങളെ അതിക്രമിക്കുന്നു പതിനഞ്ചിൽ ഒന്നിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു വേരുകൾ മേലോട്ടും ശാഖകൾ താഴോട്ടുമായി നിലനിൽക്കുന്ന സംസാര മഹാവൃക്ഷത്തിന്റെ ഇലകളാണ് വേദങ്ങൾ ഈ മഹാവൃക്ഷത്തെ അറിഞ്ഞവൻ വേദങ്ങളെയും അറിയുന്നു ഈ അറിവിന്റെ സ്രോതസ്സാണ് മഹാപുരുഷൻ ആ മഹാപുരുഷനിലൂടെ നേടുന്ന ഈശ്വര ചിന്തന സമ്പ്രദായവും പുസ്തകങ്ങളും മറ്റും ബ്രഹ്മത്തിലേക്ക് സാധകന്മാരെ നയിക്കുന്നു ഓം ഓംകാരത്തെപ്പറ്റിയുള്ള ഗീതയിലെ പരാമർശങ്ങൾ താഴെ ചേർക്കുന്നു ഓംകാരം ഞാനാകുന്നു ഏഴിൽ എട്ട് ഓം എന്ന് ജപിക്കുകയും എന്നെ ചിന്തിക്കുകയും ചെയ്യുക എട്ടിൽ പതിമൂന്ന് ജ്ഞാനയോഗ്യമായ പവിത്രമായ ഓംകാരം ഞാനാകുന്നു ഒമ്പതിൽ പതിനേഴ് അക്ഷരങ്ങളിൽ ഓം എന്ന അക്ഷരമാണ് ഞാൻ പത്തിൽ മുപ്പത്തിമൂന്ന് വാക്കുകളിൽ ഏകാക്ഷരമായ വാക്കാണ് ഞാൻ പത്തിൽ ഇരുപത്തഞ്ച് സത് മൂന്ന് ബ്രഹ്മപര്യായങ്ങളാണ് പതിനേഴിൽ ഇരുപത്തിമൂന്ന് യജ്ഞവും ദാനവും തപസും ഓങ്കാരജപത്തോടെ വേണം ആരംഭിക്കാൻ പതിനേഴിൽ ഇരുപത്തിനാല് ഓങ്കാര ജപം എപ്പോഴും ആവശ്യമാണെന്ന് മേൽ ചേർത്ത ഉദ്ധരണികളിൽ നിന്ന് വ്യക്തമാകുന്നു ഈ ജപത്തിൻ്റെ നിയമങ്ങൾ അനുഭവസമ്പന്നമായ ഒരു മഹാപുരുഷനിൽ നിന്ന് പഠിക്കേണ്ടതാണ് ബാഹ്യവും ആഭ്യന്തരവുമായ രീതിയും വ്യാവഹാരികവും ആധ്യാത്മികവുമായ രീതിയും ലോകരീതിയും വേദരീതിയും എല്ലാം ശരിക്കും അറിയുന്ന ആളാണ് മഹാപുരുഷൻ അതുകൊണ്ടാണ് സാമൂഹിക ജീവിതക്രമത്തെ നയിക്കാൻ കഴിയുന്നത് വസിഷ്ഠൻ ശുക്രാചാര്യർ ശ്രീകൃഷ്ണൻ ബുദ്ധൻ മോസസ് യേശു മുഹമ്മദ് രാമദാസ് ദയാനന്ദൻ ഗുരു ഗോവിന്ദ്സിംഗ് ദക്ഷിണ ഭാരതത്തിൽ ശ്രീ നാരായണ ഗുരു തുടങ്ങി ആയിരക്കണക്കിന് മഹാപുരുഷന്മാർ ഇങ്ങനെ സമൂഹത്തെ നേർവഴിക്ക് നയിച്ചവരാണ് പക്ഷേ ആ പ്രവർത്തനങ്ങൾ താൽക്കാലിക പരിതസ്ഥിതികൾക്കനുസരണമായിരുന്നുവെന്ന് മാത്രം പീഡിതരായ ജനസമൂഹത്തിന് ഭൗതിക വസ്തുക്കൾ കൊണ്ട് മാത്രം തൃപ്തിയടയാനാവില്ല ഭൗതിക വസ്തുക്കൾക്ക് ചിരന്തനമായ സന്തോഷവും സാന്ത്വനവും നൽകാനാവില്ല ഇവിടെയാണ് ഓങ്കാരത്തിൽ തുടങ്ങുന്ന ശാന്തിമന്ത്രത്തിന്റെ പ്രസക്തി ശ്രീമദ്ഭഗവത്ഗീതയുടെ ശ്രീമദ്ഭഗവദ്ഗീതയുടെ ആദ്യനാമമാകുന്ന വിശുദ്ധ മനുസ്മൃതി ഇന്ന് നിലവിലിരിക്കുന്ന മനുസ്മൃതിയല്ല ഗീത നാലിൽ ഒന്നിൽ പറയുന്നു ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമ്യയം അർജുന ഈ നാശമില്ലാത്ത അവിനാശയോഗ ശാസ്ത്രത്തെ കൽപ്പത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിവസ്വാൻ അഥവാ സൂര്യന് പറഞ്ഞുകൊടുത്തുവെന്നും പിന്നീട് സൂര്യൻ തന്റെ പുത്രൻ മനുവിനു പറഞ്ഞുകൊടുത്തുവെന്നും മനു തന്റെ സ്മൃതിപഥത്തിൽ സൂക്ഷിച്ചുവച്ച് തന്റെ മകൻ ഇക്ഷാഗുവിനും ഇക്ഷാഗുവിൽ നിന്ന് ഋഷി പരമ്പരയിലേക്കും പകർന്നുവെന്നും ഇതിനാൽ ആദിധർമ്മശാസ്ത്രം ഗീതയാകുന്നു മനുസ്മൃതി ഇവിടെ ഒരു ചോദ്യം ഉദ്ഭവിക്കുന്നു അങ്ങനെയാണെങ്കിൽ സൂര്യസ്മൃതി എന്നല്ലേ പേര് വരേണ്ടത് വസ്തുത പരബ്രഹ്മപരമാത്മ അന്യ ഒരു വസ്തുവിൻ്റെയും സഹായമില്ലാതെ സ്വയം പ്രകാശിക്കുകയും അന്യമായതിനെയെല്ലാം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു സൂര്യനും ഇതുപോലെ തന്നെ സ്വയം പ്രകാശിക്കുകയും അന്യമായവയെ എല്ലാം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു സൂര്യൻ ഒരു വ്യക്തിയല്ല ഈ കാണപ്പെടുന്ന പ്രകൃതിക്ക് കാണപ്പെടുന്ന ആധാരമാക്കിയിരിക്കുന്നത് സൂര്യനാകുന്നു സൂര്യൻ മുഖേന സർവസൃഷ്ടിജാലങ്ങളും നിലനിൽക്കുന്നു സൂര്യൻ മനുഷ്യവംശത്തിൽ പെടുന്നില്ല പരമാത്മാവിന്റെ ഭാഗമാകുന്നു ശ്രീകൃഷ്ണനും പരമാത്മാവിൽ നിന്നും അന്യമല്ലെന്നും അറിയണം ഗീത നാലിൽ അഞ്ചിൽ കാണുക സൃഷ്ടിയിലെ ആദ്യ മനുഷ്യൻ മനുമാത്രമാകുന്നു ഈ മനുവിൽ നിന്നും പ്രചാരിതമായതിനാൽ മനുസ്മൃതി എന്ന പേര് വന്നു ശ്രീകൃഷ്ണൻ പറയുന്നു ബീജരൂപത്തിൽ സർവസൃഷ്ടികളുടെയും ചേതനയായ പിതാവാകുന്നു പ്രകൃതി സർവസൃഷ്ടികളെയും ഗർഭധാരണം ചെയ്യുന്ന മാതാവാകുന്നു ഗീത വ്യവസ്ഥാകാരൻ സാമൂഹികമായ വൈകൃതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നതാണ് മഹാപുരുഷന്മാരുടെ പ്രവർത്തനം ഈ വൈകൃതങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അഥവാ പ്രാരാബ്ത്തിൽ കിടന്നലയുന്ന സമാജത്തിന് ജ്ഞാനവൈരാഗ്യങ്ങളിലൂടെ ചെയ്യേണ്ട സാധനകൾ നടത്താൻ എങ്ങനെ സാധിക്കും തെറ്റായ നിലപാടുകളിൽ നിന്ന് വ്യക്തികളെ ഈശ്വരാഭിമുഖമായി നയിക്കാൻ മഹാപുരുഷന്മാർ ശ്രമിക്കുന്നു അതിനുവേണ്ടി മഹാപുരുഷന്മാർ നൽകുന്ന നിർദ്ദേശങ്ങളും ഏർപ്പെടുത്തുന്ന വ്യവസ്ഥകളും ധർമ്മമെന്ന പേരിൽ പൂർണമായി അകപ്പെടുന്നില്ല അവ താൽക്കാലികമായ ശാസനകൾ മാത്രം ഒന്നോ രണ്ടോ ശതാബ്ദക്കാലത്തേക്ക് ആ വ്യവസ്ഥകൾക്ക് പ്രാമാണ്യം കാണും അവ നാലോ ആറോ ശതാബ്ദ കാലത്തേക്ക് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടാം എന്നാൽ ആയിരമോ രണ്ടായിരമോ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ആ വ്യവസ്ഥയ്ക്ക് മാറിയ പരിതസ്ഥിതികളിൽ യാതൊരു പ്രസക്തിയുമില്ലാതെയാകും ഗുരുഗോവിന്ദ്സിംഗ് ഏർപ്പെടുത്തിയ വ്യവസ്ഥ അക്കാലത്ത് പ്രസക്തമായിരുന്നു എന്നാൽ വാളിന്റെ അനിവാര്യത ഇന്ന് നഷ്ടപ്പെട്ടുപോയി യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്തിരുന്നു കഴുതയെ മോഷ്ടിക്കരുത് മത്തായി ഇരുപത്തൊന്ന് എന്ന ഉപദേശം ഇന്ന് ആ സ്ഥാനത്താണ് ആരാണിന്ന് കഴുതമേൽ യാത്ര ചെയ്യാൻ മെനക്കെടുന്നത് ശ്രീകൃഷ്ണന്റെ കാര്യവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഭാരത ഭാഗവതാദി കൃതികളെപ്പറ്റി നമുക്കറിയാൻ കഴിയുന്നുണ്ട് അതിലെ ഭൗതികമായ വ്യവസ്ഥകൾ സക്തമല്ലെങ്കിലും ആത്മീയമായ അനുശാസനങ്ങൾ അന്നും ഇന്നും പ്രസക്തമാണ് രണ്ടും കൂട്ടിക്കുഴയ്ക്കരുതെന്ന് മാത്രം വേദം രാമായണം മഹാഭാരതം ബൈബിൾ ഖുറാൻ എന്നീ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ കൂട്ടിക്കുഴയ്ക്കൽ ദൃശ്യമാണ് അതിനാൽ അവയെ വിവേചനാപൂർവം പരിശോധിക്കേണ്ടതുണ്ട് ഗീത സാർവലൗകികം ഗീത മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ പരമശ്രേയസ് അഥവാ മോക്ഷത്തിനുള്ള വിധികൾ സാമാജിക വ്യവസ്ഥകളിൽ നിന്നും വേർപ്പെടുത്തി ഗീതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ശ്രീ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രാഗ്രന്ഥത്തിലും ഈ രീതി നിങ്ങൾക്ക് കാണാവുന്നതാണ് തന്റെ ഭക്തന്മാരോടുള്ള അമിതമായ പ്രതിപത്തി മൂലം അതിഗോപനീയമായ ഈ യോഗശാസ്ത്രം ഉപദേശിക്കുകയാണെന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ഒടുവിൽ പറഞ്ഞു ഒരാൾ ഭക്തനല്ലെങ്കിൽ കൂടി അയാളെ ക്രമേണ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ഗീതാ തത്വങ്ങളിൽ താൽപ്പര്യമുള്ളവനാക്കുകയും വേണം എന്തെന്നാൽ ഇത് മാനവരാശിക്ക് മുഴുവൻ വേണ്ടിയുള്ളതാണ് സംസാരദുരിതങ്ങളിൽ നിന്ന് ആളുകളെ ഉദ്ധരിച്ച് പരമമംഗള നയിക്കുകയാണ് ഗീതയുടെ ഉദ്ദേശം പുതിയ ഈ വ്യാഖ്യാനം യോഗീശ്വരനായ ശ്രീകൃഷ്ണന്റെ ആശയങ്ങൾ ഏറ്റക്കുറച്ചിൽ കൂടാതെയും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെയും യഥാർത്ഥമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഈ വ്യാഖ്യാനത്തിന് യഥാർത്ഥ ഗീത എന്ന പേര് നൽകിയത് ഗീത മുഴുവൻ നോക്കിയാലും സന്ദിഗ്ധമായ അഥവാ സ്പഷ്ടതയില്ലാത്ത ഒരു ഭാഗം പോലും ആവില്ല എന്നാൽ ചില ഭാഗങ്ങൾ ബൗദ്ധിക തലത്തിൽ ഉൾക്കൊള്ളാൻ ചിലർക്ക് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയുള്ളവർ മാർഗനിർദ്ദേശത്തിനായി ഒരു മഹാപുരുഷനെ അഭയം പ്രാപിക്കതന്നെ വേണം തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തർശിന തത്വദർശികളായ മഹാപുരുഷന്മാരെ താണു വണങ്ങിയും സേവിച്ചും പ്രസാദിപ്പിച്ച് ചോദ്യോത്തരങ്ങളിലൂടെ അറിവു നേടണം അവർ എല്ലാം ഉപദേശിച്ചു തന്ന് നിങ്ങളെ വിജ്ഞരാക്കും ഓം ശാന്തി ശാന്തി ശാന്തി നിവേദനം യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ പരമപവിത്രവാണിയായ ശ്രീമദ് ഭഗവത്ഗീതയുടെ ശരിയായ അർത്ഥമാണ് യഥാർത്ഥ ഗീത ഹൃദയസ്ഥിതനായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള വിധിയുടെ യഥാർത്ഥ ചിത്രീകരണമാണിത് നിന്ദാദൃിയോടെ ഇതിനെ സമീപിക്കുന്നവർക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞെന്നു വരില്ല ഭക്തിവിശ്വാസങ്ങളോടെ അധ്യയനം നടത്തിയാൽ ഇത് പരമമംഗളകാരിയായി അനുഭവപ്പെടും അപൂർണമായി മനസ്സിലാക്കിയാൽ പോലും ഇത് പരമശ്രേയസിലേക്ക് നയിക്കും എന്തെന്നാൽ ആത്മീയമായ ഒരു പരിശ്രമവും ഒരു സാധനയും ഒരിക്കലും വിഫലമായി പോവില്ല സ്വാമി അടകടാനന്ദജി